ഉപദേശിക്കുന്നു എന്ത് കഴിഞ്ഞ് പിന്നെ ബ്രഹ്മവിചാരം അത് പറയണമെന്നാണ് സാക്ഷികാരൻ തന്നെ പൂർവക്ഷം പറയുന്നു ഉത്തരം പറയുന്നു ഉച്ച പറയാൻ താണ് നിത്യാനിത്യ വസ്തുവേക ഉച്ച നിത്യാനിത്യ വസ്തുവിഹ ഇത്യാദി ഇതെടുത്താണ് നിത്യേകാത്മാ അനിത്യദേഹേന്ദ്രിയ നിത്യെന്ന് പറയുന്നത് പ്രത്യേക ആത്മാവിനെയാണ് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വും അധിഷ്ഠാനവുമായിരിക്കുന്ന ആത്മാവ് അപ്പോ അതാണ് പ്രത്യേക ആത്മാ പ്രത്യേകാത്മാവരൂപം പ്രത്യേക സ്വരൂപം അനിത്യം എന്ന് പറയുന്നത് എന്താണ് ദഹേന്ദ്രിയ വിഷയാദി അപ്പോ നിത്യം എന്ന് പറഞ്ഞാൽ അധിഷ്ഠാനമായി എന്ന് വെച്ചാൽ ദഹേന്ദ്രിയാദികൾക്കെല്ലാം അധിഷ്ഠാനമായിട്ട് ിയം തുടങ്ങിയവയ്ക്കെല്ലാം അധിഷ്ഠാനമായും പിന്നെ ദേഹ ഇന്ദ്രിയം ഇവയൊക്കെ എല്ലാം ആന്തരികമായും സൂക്ഷ്മമായും ഇരിക്കുന്ന ഒന്നാണ് പ്രത്യേക അങ്ങനെയുള്ള ആത്മാന്ന് പറയുമ്പോ അങ്ങനെയുള്ള സ്വരൂപം ആരുടെ സ്വരൂപം ആരുടെ സ്വരൂപം ജിജ്ഞാസാരണകൂടെ ജിജ്ഞാസ് ആ ജിജ്ഞാസുവിന്റെ സ്വരൂപം അത് പ്രത്യേകം പ്രത്യേകമാണ് എന്നാണ് പറയുന്നത് അത് നിത്യമാണ് നശിക്കുന്നതല്ല അനിത്യം എന്ന് പറയുന്നത് എന്താണ് പിന്നെ ബാക്കിയുള്ളത് ദേഹം ഇന്ദ്രിയങ്ങൾ ബാഹ്യ വിഷയം ഇതല്ല അതാണ് നിത്യാനിത്യം ഇനി നിത്യനിത്യ വസ്തുവിവേകം നിശ്ചയം നിത്യാനിത്യ വസ്തുവിവേകം എന്ന് പറയുന്നതിന് ഭാഷകാരൻ പറഞ്ഞതിന് ഭാമതികാരെ ചോദ്യം ചെയ്യണം ഈ പറഞ്ഞ അത്ര പറയുന്നത് ഭാവതികാരൻ അതിനു വേണ്ടിയിട്ടാണ് തന്റേതായ ഒരു കാഴ്ചപ്പാടിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിട്ടാണ് അപ്പോ നിത്യാനിത്യവസ്തു വേഗം ഭാഷകാരം പറയുമ്പം അതിന് ഭാഷ്യകാരന്റെ ഒരു വ്യാഖ്യാനമുണ്ട് നിത്യാനിത്യ വസ്തു വേഗം ഒന്ന് ഭാമതീകാരൻ അതിന്റെ വ്യാഖ്യാനും വേറെ വ്യാഖ്യാനം അത് പറയാൻ വേണ്ടിട്ടാണ് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത് നിശ്ചയ അപ്പൊ വിവേകം എന്താണെന്ന് പറഞ്ഞു വിവേകം എന്ന് വെച്ചാൽ നിശ്ചയം നിശ്ചയിക്കുക എന്തിനാ നിശ്ചയിക്കുക നിത്യത്തെ സംബന്ധിച്ചും അനിത്യത്തെ സംബന്ധിച്ചുള്ള നിശ്ചയം എന്നുവെച്ചാൽ നിത്യം എന്താണ് ആദ്യത്തെ എന്താണെന്നുള്ള നിശ്ചയം എന്ന് വെച്ചാൽ ജ്ഞാനമാണ് അറിവാണ് നിശ്ചയാത്മകമായ അറിവെന്ന് പറഞ്ഞാൽ എന്താണ് അജ്ഞാനം സംശയം വിപരി അതാണ് നിശ്ചയാത്മകമായ അറിവ് അത് നിത്യമായ ആത്മാവിനെ സംബന്ധിച്ചും അനിത്യങ്ങളായിരിക്കുന്ന ദേഹം ഇന്ദ്രിയം വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള അജ്ഞാനം സംശയം വിവരം ഇതൊന്നും ഇല്ലാത്ത അറിവ് എന്നാണ് ഇതിന്റെ അർത്ഥമെങ്കിലേതിന്റെ അർത്ഥം നിത്യാനിത്യ വസ്തുവയോഗം എന്നുള്ളതിന്റെ അർത്ഥം അതാണെങ്കിൽ കൃതമസ്യ ബ്രഹ്മവിന്യാസായ പിന്നെ ബ്രഹ്മ വിജ്ഞാസ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കൊണ്ടുവച്ചാ പ്രയോജനം നാസ്തി എന്നർത്ഥം ബ്രഹ്മജിജ്ഞാസ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ല എന്നുവെച്ചാ ബ്രഹ്മവിചാരം കൊണ്ട് പ്രയോജനമൊന്നും ഇല്ല എന്തുകൊണ്ട് ആത്മാവ് നിത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു ദേഹം ഇന്ദ്രിയം വിഷയങ്ങളെല്ലാം അനിത്യമാണെന്നും അറിഞ്ഞു കഴിഞ്ഞു ഇനി എന്തിനാ ബ്രഹ്മവിചാരം ചെയ്യുന്ന ബ്രഹ്മത്തെ അറിഞ്ഞല്ലോ േ നിത്യാനിത്യ വസ്തുവെന്ന് വെച്ചാൽ എന്താണ് ആത്മാവെന്നറിയുക എന്താ ആത്മാവല്ലാന്നറിയുക അപ്പൊ എന്നറിഞ്ഞുകഴിഞ്ഞി വിചാരം ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ ഭാമതീകാരൻ പറയുന്നതാണ് ഇങ്ങനെ പക്ഷികാരൻ പറയുന്നത് എന്താണ് ബ്രഹ്മവിചാരം ചെയ്യുന്ന ഒരു യോഗ്യതയാണെന്തു അത് കഴിഞ്ഞ് ബ്രഹ്മവിചാരം അത് കഴിഞ്ഞ് അതൊക്കെ പിന്നീട് സംഭവിക്കേണ്ട കാര്യമാണ് ഇതൊരു യോഗ്യത മാത്രമാണ് എന്നാണ് ഭാഷകാരം പറയുന്നത് മനസിലായത് അമ്മ വ്യത്യാസം മനസ്സിലാക്കണം ഭാഷകാരം പറയുന്നത് എന്ത് നിത്യാനിത്യ വസ്തുപറഞ്ഞാൽ ബ്രഹ്മവിചാരം ചെയ്യുന്നതിനുള്ള ഒരു വ്യക്തിയുടെ യോഗ്യത ബ്രഹ്മവിചാരം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ഭാഷികാരം പറയുന്നതിനെ അങ്ങനെ പറയാം അപാധ ജ്ഞാനം എന്ന് പറഞ്ഞാ എന്താണോ അതൊരു പൊതുവായ ഭാഷകാരം ഉദ്ദേശിക്കുന്ന അതാണ് ഭാമതികാരൻ അത് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് മനസ്സിലായില്ല നടിക്കുന്നു രണ്ടിലേതെങ്കിലും ഒന്നാണ് അപ്പോ ഭാഷികാരൻ ഉദ്ദേശിക്കുന്നതാണ് നിത്യാനിത്യവസ്തു ഒരാൾക്കുണ്ടാകുന്നു അപ്പൊ ഭാഷകാരന്റെ അഭിപ്രായത്തിൽ ശങ്കരായ അഭിപ്രായത്തിൽ ഈ അറിവ് എങ്ങനെയുണ്ടാവും എങ്ങനെയുണ്ടാവും ഉത്തമാധികാരി ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് ഉത്തമാധികാരി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ശരിയാകുട്ടോ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഉത്തരം പറയാം ഞാൻ പറഞ്ഞ എന്ന ഉത്തരം പറയാത്തിടത്തോളം കാലം നിങ്ങള് മനസിലാക്കിയില്ല എന്നർത്ഥം വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എവിടെ അതായത് ഭാഷകാലം വീണ്ടും പറയും നമ്മുടെ തൊഴിലായിപ്പോയി പറഞ്ഞല്ലേ പറ്റും അതായത് ഭാഷകാരം പറയുന്ന അനുസരിച്ച് ഒരുത്തൻ ബ്രാഹ്മണൻ ക്ഷത്രി മരിച്ച മൂന്ന് കൂട്ടുകാണ പ്രധാനമായിട്ടും വര് ഉപനയനം ചെയ്യുന്നു വേദാധ്യനം ചെയ്യുന്നു വേദാധ്യയനം ചെയ്യുമ്പോ അവന് ഇതിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകാം നിത്യാനിത്യാസം കാരണം വേദത്തിന്റെ സാമാന്യമായി അവൻ വേദം ചെയ്യുമ്പോൾ വേദാധ്യയനം എന്ന് വെച്ച് പറയുമ്പോൾ പഴയതാലത്ത് വേദാധ്യയനം എങ്ങനെ ഉള്ളതാണ് ഞാൻ പറഞ്ഞു പറയുന്നു നിങ്ങളെ വായി തോന്നു വിളിച്ചു പറഞ്ഞാൽ പറ്റില്ല അങ്ങനെ പ്രഭാഷണം നടത്താൻ പോകുമ്പോൾ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്നു വിവരദോഷികളായ ജനങ്ങള് തലവരുടെ അത് പറ്റത്തില്ല അതായത് വേദാധ്യയനം എന്ന് പറയുമ്പോഴത്തേക്ക് സംഘം വേദാധ്യയനം ചെയ്യണം ശിക്ഷാകല്പം വ്യാകരണം നൃത്തം ജ്യോതിഷം ഇതെല്ലാം കൂടെ ചേർത്ത് വേദാധ്യനം ചെയ്യണം വേദാധ്യനം ചെയ്യുമ്പോൾ ഇതുകൂടെ അതിനോടൊപ്പം പഠിക്കണം അപ്പൊ അങ്ങനെ പഠിക്കുന്നവരത്തിന് വേദത്തിന്റെ ഒരു പൊതുവായ അർത്ഥം കിട്ടും വേദത്തിനെന്താ പറയുന്നത് നല്ല വെറുതെ ഇരുന്നുകൊണ്ട് അഗ്നിമീടെ പുരോഹിതം ഒന്നും ചൊല്ലിയാ പറ്റത്തില്ല സംഘ വേദാധ്യനം ചെയ്യുമ്പോൾ വ്യാകരണവും നിരക് പഠിക്കാല്ലേ അപ്പൊ അതിനർത്ഥം ഞാനുണ്ടാവും അങ്ങനെ വേദാധ്യയനം ചെയ്യുമ്പോഴത്തേക്ക് അവന് പൊതുവായി വേദത്തില്ലേ പറയുന്നത് സത്യം ഞാനാനന്ദം ബ്രഹ്മ പിന്നെ കർമ്മഫലങ്ങളും നശിക്കുന്നു ക്ഷീണ പുണ്യ മർത്ത ലോകം വിശന്തി ഇതൊക്കെ അവൻ പഠിക്കുന്നു അപ്പൊ അവന് കർമ്മഫലങ്ങളൊക്കെ ആത്മാവ് നിത്യമാണെന്നും ദേഹ ഇന്ദ്രിയാദികളിത്യമാണെന്നൊക്കെ അവന് സാമാന്യമായ ജ്ഞാനം ഉണ്ടാകും ആ ജ്ഞാനത്തെ അവിടെ പറയുന്നു അപ്പൊ വേദാധ്യയനം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ജ്ഞാനം ആ ജ്ഞാനമാണെന്ന് പറയുന്നത് നിത്യാനിത്യ വസ്തു വിവേകം ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്ക് വീണ്ടും മതപ്രഭാഷണം നടത്തരുത് ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ദേവി ഏത് മതപ്രഭാഷണം നടത്തരുത് അതിന് നിങ്ങൾക്ക് വേദി കിട്ടും അവിടെ അപ്പൊ നിത്യാനിത്യവസ്തുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാധ്യയനം സംഘ വേദാധ്യയനം ചെയ്യുന്ന ഒരാൾക്കുണ്ടാകുന്ന ഇതാരുടെ അഭിപ്രായം ഇതൊന്നും ഭാവനികാരം അംഗീകരിക്കുന്നില്ല മനസിലായ ഭാവനികാരം ചോദിക്കുന്നത് ശരി നിങ്ങൾ പറയുന്നത് സമ്മതിച്ചു അങ്ങനെ സംഘ വേദാധ്യനം ചെയ്യുന്നതിലൂടെ ഇതിനാണ് നേരത്തെ പറഞ്ഞിരുന്നത് അപാത വേദാധ്യനം ചെയ്യുന്നതിലൂടെ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ നിത്യം എന്താണെന്നും അനിത്യം എന്താണെന്നും പറഞ്ഞല്ലോ ആത്മാവ് എന്താണ് ആത്മാവ് എന്താണെന്ന് അറിഞ്ഞല്ലോ ഇതിനാണല്ലോ അങ്ങനെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നു ഇനിയിപ്പെന്തിനാ വേദം വിചാരം ചെയ്യുന്നു ഇനി എന്താ വിശേഷം സാമാന്യജ്ഞാനം പറയുന്നത് എന്താ സമന് ഞാനോന്ത് വിശേഷം ഞാനോന്ത് എന്തുകൊണ്ട് താൻ നിത്യമായ ആത്മാവാണെന്ന് അറിഞ്ഞു ശരീരമൊക്കെ അനിത്യമാണെന്ന് അറിഞ്ഞു ഇനി എന്താ വേറെ ഞാൻല്ലോ അപരോഷനുഭവം ഇത് തന്നെ അപരോഷാനുഭവം പറയുന്നത് ഇത് തന്നെ വേറെന്താ അവരോഷനുഭവം അത് തന്നെ അപരോഷാനുഭവം പറഞ്ഞു എന്താണ് വേറെന്താ അവരോഷനോ ഇതാണ് അവരോഷാനോ വേറെന്താ അവരോഷാനോന്ന് പറയുന്നു അതൊക്കെ വേദത്തിൽ കിട്ടിയല്ലോ അവിടെ വേദമസീൻ ചെയ്ത പായമാത്മാ ബ്രഹ്മന്ന് പഠിച്ചില്ല തത്വമസിന്ന് പഠിച്ചില്ലേ അഹ് ബ്രഹ്മസീന്ന് പഠിച്ചില്ലേ ഇതെല്ലാം വേദത്തിൽ നിന്ന് കിട്ടിയില്ലേ ഈ അറിവല്ല അത് വേറെ എന്താ സാധനം എന്തൊന്നാണ് അതെന്താ സാധനം അങ്ങനെ ഒന്ന് ഭാഷകാരം അങ്ങനെ ഒന്നിനും അംഗീകരിക്കുന്നില്ല ഭാഷകാരം പറയുന്നത് എന്താണ് വേദത്തിൽ നിന്ന് കിട്ടുന്നതാണ് ജ്ഞാനം എല്ലാവരും പറയുന്നത് വേദമാണ് ബ്രഹ്മത്തിന് പ്രമാണം വേദം കേൾക്കുമ്പോ ഉണ്ടാകുന്ന ജ്ഞാനമാണ് ബ്രഹ്മം പിന്നെ വേറെ എന്താ ഞാൻ അപരോഷ്ഞാനം എന്ന് പറഞ്ഞു വേദത്തിൽ നിന്നുണ്ടാകുന്ന ഞാനും എന്ത് ഞാനും ആയിരിക്കും അപരോഷനം ആയിരിക്കും ഞാനും ഉണ്ടായ പിന്നെന്താണ് വിചാരം ചെയ്യുന്നതെന്ന ഭാവി പറഞ്ഞോ ഇതൊക്കെ അറിവുണ്ടായി അതായത് എന്ത ഉപയോഗിക്കുന്ന പുസ്തകമാണെന്ന് ഞാൻ അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം ഇനി കുത്തിയിരുന്നു പുസ്തകമാണോ അല്ലയോ വിചാരം വിചാരം ചെയ്യുന്ന അറിവുണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ നിത്യാനിത്യ വസ്തുജ്ഞാനം ഉണ്ടായി കഴിഞ്ഞു ഭാഷകാരം പറയുന്ന അനുസരിച്ച് ഭഗവതികാരം പറയുന്ന അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായാൽ വിവേകം എന്ന് പറഞ്ഞാൽ അനിശ്ചയാത്മകമായ ജ്ഞാനമാണ് കൃതം അതെന്ന് പറയുന്ന അങ്ങനെയാണെങ്കിൽ അതൊന്നു വെച്ചാ പ്രയോജനമില്ല എന്തിനുപയോഗ അസ്യബ്രഹ്മജി ബ്രഹ്മവിചാരം കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്തുകൊണ്ടാണ് അടുത്ത് പറയുന്നു ജ്ഞാത ബ്രഹ്മണ ബ്രഹ്മണ ജ്ഞാത ബ്രഹ്മത്തെ അറിഞ്ഞുകഴിഞ്ഞു ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞു ബ്രഹ്മവിചാരത്തിന്റെ ആവശ്യമുണ്ടെന്നാണ് ആര് പറയുന്നത് ഭാഷകാര എന്താ പറയുന്നത് വേണം ബ്രഹ്മവിചാരം ഇനി സംശയം അത് ഞാനും ഉണ്ടാകുമ്പോഴും അത് മാറുന്നതിന് ഞാനും കൊണ്ടാണ് അത് മാറുന്നത് ഇവിടെ നിത്യാനത്യസ്തുവേദം വെച്ചാൽ നിശ്ചയാത്മകമായി ഞാനും അത് മാറിയില്ല ഞാനുണ്ടാകുമ്പോഴേ അത് മാറേണ്ടത് ഞാനുണ്ടായി അത് മാറി പിന്നെ വിചാരിച്ചു പഠിക്കുമ്പോ അങ്ങനെ ഒരു സംശയം പലപ്പോഴും വരാറുണ്ട് ആർക്കും വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് എന്താണോ ഭാഷകാലം പറയുന്നത് അത് ഈ പാമതികാരന് ശരിക്കും അങ്ങോട്ട് പിടിയിട്ടില്ല പ്രശ്നം മനസിലായോ അല്ലെങ്കിൽ പുള്ളി വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് പറയുന്നത് എന്താണ് ഞാൻ തത്വ ബി അല്ല ഇനി നിത്യാനിത്യവസ്തുവേഗം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം പറയണമെങ്കിൽ ഭഗവതികാരൻ പറയണം അതാ വിവേകവും ജ്ഞാന മാത്രമല്ല നിശ്ചയം ഇനി വിവേകമെന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്ന പോലെ ആപാതജ്ഞാണ് ആത്മാവിന് ആത്മാവ് നിത്യമാണെന്നും ശരീരമൊക്കെ അനിത്യമാണെന്നും എന്നുള്ള ഒരു സാമാന്യജ്ഞാനം ഉണ്ടായി എന്ന് ഭാഷകാരനെ വ്യാഖ്യാനിച്ചാലോ എന്നാണ് എന്നാലും ശരിയാകും ആപാദജ്ഞാനം പൊതുവെ പഠിപ്പിക്കുന്നതല്ലേ ഇങ്ങനെയൊക്കെ ആപാതജ്ഞാനമാണ് അത് ശരിയല്ല ാലും പറയുന്നു ഞാന് മാത്രം എന്നുവെച്ചാൽ സാമാന്യ ഞാനും ശരിയാണ് വേദാധ്യയനത്തിൽ നിന്ന് ആത്മാവ് നിത്യമാണെന്നും ശരീരം ഇന്ദ്രയൊക്കെ ആ നിത്യമാണെന്നുള്ള ഒരു സാമാന്യജ്ഞാനം ഉണ്ടായി എന്താ അതാ വിവേകോ ജ്ഞാനം മാത്രം നാം നിശ്ചയം നിശ്ചയം നിശ്ചയത്തിന്റെ ഗുണം എന്താണ് നിശ്ചയാത്മക ജ്ഞാനം എന്നാണ് അർത്ഥം കൊടുക്കുകയാണ് അതിന്റെ പ്രയോജനം എന്താണ് എന്താണ് അജ്ഞാന സംശയം വിപരി ഇല്ല കൃത്യമായ അറിവ് വരും അപ്പൊ നിത്യാനത്യ വസ്തുവെന്ന് പറയുമ്പോൾ കൃത്യമായി ഞാൻ അവിടെ അജ്ഞാനമില്ല സംശയമില്ല ഈ പരി വേണെങ്കിൽ ഭ്രാന്തി ഇല്ല എന്നാണ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരർത്ഥം എടുത്താലും ഈ നിത്യാനത്തെ വസ്തുക്കൾ ഒരുന്ന ശരിയാവത്തില്ല മനസിലായോ തഥാസതി നിത്യ വസ്തുവേകം അതിന് നിശ്ചയമെന്നർത്ഥം പറയുന്നില്ല മറിച്ചതിന് എന്താർത്ഥം പറയുന്നു ജ്ഞാനം എന്ന് പറയണം എന്ന് പറഞ്ഞാൽ ഇവിടെ പാവതികാരൻ ഇതിനെ തൻറ്റേതായ വഴിക്ക് ഇങ്ങനെ മരിച്ചുകൊണ്ട് പോവുകയാണ് മനസ്സിലായോ കൂടുതൽ വിപുലമായ ഒരർത്ഥം ഇതാണ് വേദാന്ത വിചാരം എന്ന് പറയും വേദാന്ത വിചാരം ഇതൊരു മൾട്ടി ടാസ്ക് ആണ് അതുകൊണ്ട് ഞാൻ മനസിലാവൂ ഒരു സമയം ബ്രെയിൻ പല വഴി പല പ്രവർത്തികളെന്ന് വെച്ചാൽ പലവഴിപ്പിക്കണം പലവഴി ചിന്തിക്കണം വിഷയം ഒന്ന് തന്നെയാണ് പക്ഷെ നാനാ വഴിക്ക് ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് കൊണ്ടുപോകുന്നാണ് പഴയ പണ്ഡിതന്മാരുടെ ഒരു രീതി ആ ഒരു മൾട്ടി ടാസ്ക് നമുക്ക് ഫലം എന്താണ് സംഭവിക്കുന്നത് സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തുള്ള എനർജി ഉണ്ടെങ്കിൽ അപ്പൊ ഇതൊക്കെ പഠിക്കണമെങ്കിൽ പഠിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെ വിളിച്ചറിയണം എന്നിട്ട് വേണമെങ്കിലും ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചു മൾട്ടി ടാസ്ക് ഇത് മനസിലാക്കിക്കൊണ്ടാണ് പഴയ കാലത്ത് ആൾക്കാർ വിവേക ചൂടാമണി കഴുകി വെച്ചത് എന്താ വെച്ചു വളരെ ആയാസമൊന്നുമില്ല ഞാനും ബ്രഹ്മം നീയും ബ്രഹ്മം എനിക്ക് സുഖം നിനക്ക് സുഖം ഈ പ്രപഞ്ചമൊക്കെ മിഥ്യ സുഖ അടിപൊളി ഇത്രയും പറഞ്ഞ പരിപാടി ചെയ്തു കേൾക്കുന്നവനും സന്തോഷം പറയുന്നവനും സന്തോഷം അവിടെ മൾട്ടി ടാസ്ക് ഒന്നുമില്ല പഴയകാലത്ത് അങ്ങനെയുള്ള ബുക്കുകളൊക്കെ എഴുതി വെച്ചത് പക്ഷെ അതിനൊരു പ്രശ്നമുള്ള എന്താണ് അങ്ങനെ എഴുതി വെക്കുമ്പം ഒന്നാമത് പറയാൻ ഒരു വിഡ്ഡി വേണം കേക്കാനും ഒരു വിഡ്ഡി വേണം എന്തുകൊണ്ടാണ് വിഡ്ഡി എന്ന് പറയാൻ കാരണം പറയുന്നവനും പറയുന്ന കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയണം കേൾക്കുന്നവനും വിശ്വസിച്ചുകൊണ്ട് കേൾക്കണം ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്ത ഇങ്ങനെ ആയിക്കോ പാവതികാരന്റെ രീതി അതാണ് അപ്പൊ അദ്വൈതം മനസ്സിലാക്കുന്നതിന് രണ്ട് വഴിയുണ്ട് അതില് മൾട്ടി ടാസ്കിന്റെ വഴിയാണ് നമ്മൾ ഈ ചെയ്യുന്നത് മനസിലായോ അല്ലെങ്കിൽ വിവേക ചൂടാമണി ആത്മബോധം തത്വബോധം അതിന്റെയൊക്കെ വഴി രണ്ടു വഴിയാണ് ഇതിനെ കൂടുതൽ എഫർട്ട് എടുക്കാൻ തയ്യാറുള്ളവർക്ക് ഇതിലൂടെ മുമ്പോട്ട് പോകാൻ പറ്റും എഫർട്ട് കൂടുതൽ വേണ്ടി മറ്റാകുമ്പോ എന്താണോ അത് ാണ് ഈസി വ്യത്യാസം ഇതൊക്കെ ചിന്തിച്ച് ഇങ്ങനെ മനസ്സിലാക്കി വരിക എന്ന് പറയുന്നത് അപ്പൊ നിശ്ചയം എന്ന് പറയുന്ന ഭാവനികാരൻ തന്നെ ഒരർത്ഥം പറയുന്നു എന്താ പറയുന്നു നിശ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തി ഇല്ലാതിരിക്കുക അത് തന്നെ ഇങ്ങനെ ഒരർത്ഥേ പറയുന്നുള്ളൂ നിശ്ചയ ഭവനിക്കാരൻ എനിക്കൊരു ജ്ഞാനം ഉണ്ടായി നിശ്ചയത്മക ജ്ഞാനം വെച്ചാൽ ഭ്രാന്തി ഇല്ല അത് അങ്ങനെ അർത്ഥം പറയുന്നത് എനിക്കങ്ങനെ അർത്ഥം പറയാനാ സൗകര്യം എന്തെന്ന് ചോദിക്കാൻ തനിക്ക് എന്താ കാര്യം ഭാവനികാരം അങ്ങനെ അർത്ഥം പറയുന്നത് നിശ്ചയം എന്ന് വെച്ചാൽ ഭ്രാന്തി ഇല്ല അപ്പൊ അവിടെ എന്താകാം സംശയം വരാം സംശയം വരാം അതാണ് അപ്പം വിവേകമെന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാന മാത്രം നിശ്ചയം അവിടെ നിശ്ചയമില്ല നേരത്തെ നിശ്ചയം എന്നൊരർത്ഥം പറഞ്ഞുണ്ടോ നിശ്ചയം ആ നിശ്ചയം എന്നെന്ത് ചെയ്യുന്നു ജ്ഞാനോന്നൊരർത്ഥം കൊടുക്കുന്നു നിശ്ചയം തന്നെ വാക്കവിടെയുണ്ട് അതായത് ജ്ഞാനം എന്നൊരു അർത്ഥം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് തഥാസതി സംശയിച്ചു സാറിന് നമ്മൾ പറയുന്ന നിശ്ചയം എന്ന് പറഞ്ഞാൽ അജ്ഞാന സംശയ വിപര്യങ്ങൾ ഇല്ലാതിരിക്കുക ആ നിശ്ചയത്തെ അങ്ങോട്ട് എന്നിട്ട് നിത്യനിത്യവസ്തു വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനം എന്നുള്ള ഒരു അർത്ഥം കൊടുക്കുന്നു ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഭ്രാന്തി അല്ല ഭ്രാന്തി അല്ല മറിച്ച് സംശയമാകാം അങ്ങനെ ഒരർത്ഥം കൊടുക്കുന്നു അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുടെ ഇഷ്ടമാണ് അപ്പോ ആത്മാഅനാത്മാവസ്തു വിയോഗം എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തി അല്ല എന്ന സംശയമാകാം അങ്ങനെ ഒരർത്ഥം കൊടുക്കുന്നു വ്യാഖ്യാതെ അവന്റെ ഇഷ്ടമാണ് അപ്പോ അദ്വൈതം എന്നൊക്കെ പറയുന്നത് അദ്വൈതം ഇഷ്ടാദ്വൈതം ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് ഇതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്താണ് ഇത് വ്യാഖ്യാന സിദ്ധാന്തങ്ങളാണ് ആൾക്കാർ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചുണ്ടാക്കിയെടുക്കുന്ന സിദ്ധാന്തങ്ങളാണ് എന്തിനെ വ്യാഖ്യാനിക്കുന്നു വേദത്തെ വ്യാഖ്യാനിക്കുന്നു ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കുന്നു ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിക്കുന്നു ഭാഷ്യത്തെ വ്യാഖ്യാനിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് രൂപപ്പെടുത്തി എടുക്കുന്ന സിദ്ധാന്തം ഇതെന്താണ് ഇതാണ് പഴയ ശൈലി സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് തിയറി നെടുക്കാം സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് തിയറി അപ്പൊ അദ്വൈതം എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഈ തീയറി എങ്ങനെ രൂപപ്പെടുത്തുന്നു വ്യാഖ്യാനത്തിലൂടെ രൂപപ്പെടുത്തുന്നു അതുകൊണ്ടു വ്യാഖ്യാന സിദ്ധാന്തങ്ങൾ അതിനാണ് ഈ പെടുന്നു വ്യാഖ്യാനിക്കുന്നത് ഇരുന്നും കിടന്നും നിന്നും വ്യാഖ്യാനിക്കും എന്നിട്ട് അദ്വൈത സിദ്ധാന്തത്തെ എത്തിച്ചേരും അത് മനസ്സിലാക്കണമെങ്കിൽ എന്തുവേണം ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം ഇതാണ് ഇതിന്റെ പോക്കെന്ന് മനസിലാക്കണമെന്നുണ്ടെങ്കി എന്തു ചെയ്യണം ആ ഇതിന് ഒരുപാട് അധ്വാനിക്കണം മനസ്സിലായ ഈ പറയുന്ന ശാസ്ത്രങ്ങളില് ഒരുപാട് പണിയെടുക്കണം എന്നാലേ അത് മനസ്സിലാകത്തുള്ളു ഇല്ലെങ്കി എന്തു പൊട്ടന്മാരോ പൊട്ടന്മാരോ പറ്റിച്ച് പറ്റിച്ചു പോവും പരമ്പര അതങ്ങനെ പോകും വിശ്വാസത്തിലൂടെ പോകുന്ന സോണേർപ്പാടാണ് ദോഷവും മനുഷ്യനും സമാനവും സന്തോഷവും വിശ്വാസത്തിന്റെ ഭാവി എന്താണ് സഞ്ചരിക്കുന്നൊരു ദോഷവും എന്തോ പക്ഷെ ആരാണ് വിശ്വാസത്തിന്റെ പാത സഞ്ചരിക്കേണ്ടത് ഇത്തരം വിഷയങ്ങള് പ്രത്യേകം മനസ്സിലാകും ഇത്തരം വിഷയങ്ങള് വളരെ ഇമോഷണലായി സമീപിക്കുന്നവര് മനസ്സിലായ ഒരു മനുഷ്യന്റെ ഉള്ളില് എന്തുണ്ട് ഇമോഷൻസും ഉണ്ട് ഇന്റലിജൻസും ഉണ്ട് രണ്ടും എല്ലാ മനുഷ്യരുടെ ഉള്ളിലുമുണ്ട് എനിക്ക് ഇന്റലിജൻസ് കൂടുതൽ നിങ്ങൾക്ക് കുറവാണ് അങ്ങനെയല്ല നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇന്റലിജൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇമോഷൻസ് എന്റെ ഉള്ളിലുമുണ്ട് നമ്മുടെ ഉള്ളിലൊരു വിഷയം വരുമ്പം ആ വിഷയത്തോടുള്ള നമ്മുടെ അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളതാണ് അത് ഇന്റലക്ച്വൽ ആണോ എന്നോ ഇമോഷണലാണോ എന്നുള്ളതാണ് പ്രശ്നം മനസ്സിലാവുന്നുള്ള ആ വിഷയത്തോട് നിങ്ങളുടെ ആ സമീപനം ഇമോഷണലാണെങ്കിൽ നമ്മൾ വിശ്വാസത്തിന്റെ പാതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അത് നമുക്ക് സുഖമാണ് അവിടെ ഈ മട്ടി ടാസ്കിന്റെ ഒന്നും ആവശ്യമില്ല അതിന്റെ നമ്മളെ വിശ്വസിക്കുക അത് ഈർപ്പിക്കൊണ്ടിരിക്കുക സുഖജീവ് പ്രശ്നം ആ ഭാഗത്താണ് എന്തൊക്കെ വരുന്നത് എല്ലാ വിശ്വാസ സമ്പ്രദായങ്ങളും വരുന്നു ഭക്തി ഭക്തി ആചാരം ഇതെല്ലാം വരുന്നത് ആ വിശ്വാസത്തിന്റെ ഭാഗത്താണ് പ്രധാനമായിട്ടും ഭക്തിയും ആചാരം വിശ്വാസത്തിന്റെ ആ ഭാഗത്തൂടെയാണ് അപ്പം അതിനോടൊപ്പം നമ്മൾ കൃത്യമായ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഭക്തിയിലൂടെ പോവുക സമാധാന സന്തോഷം ഉണ്ടാകും കാരണം ആ വിഷയത്തെ നിങ്ങൾ ഇമോഷണലായാണ് സമീപിക്കുന്നത് അല്ലെങ്കിൽ ഇന്റലക്ച്വലായിട്ടാണ് അതേ വിഷയത്തിന് ഒരു വിഷയം തന്നെ ഇന്റലക്ച്വലായിട്ടാണ് നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ അവിടെ ഈ മൾട്ടി ടാസ്കിംഗ് വരു രണ്ട് സമീപനമാണ് ഇപ്പൊ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നു ആത്മീയത എന്ന് പറയുന്നത് അത് ആത്മീയതയോടുകൂടി നമുക്ക് ഇമോഷണലായിട്ടുള്ള ഒരു സമീപനവും ആകാം ഇന്റലക്ച്വൽ ആയിട്ടുള്ള സമീപനമാകാം മനസിലായ മനസിലാവുന്നുണ്ടോ തെരഞ്ഞെടുപ്പല്ല അതായത് ഇപ്പൊ ആധ്യാത്മീയതയിൽ നിങ്ങള് സ്വയം ആരാണെന്നുള്ളതാണ് അതിൽ പ്രധാനം നിങ്ങൾ അതിനോടൊരു ായിട്ടാണ് നിങ്ങളുടെ സമീപനമെങ്കിൽ അനർത്ഥം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഈ ഒരു വിഷയത്തോടുള്ള നിങ്ങളുടെ സമീപനം എന്ന് പറയുന്നത് പ്രാധാന്യം വന്നിരിക്കുന്ന ഇമോഷൻസിനാണ് അപ്പൊ നിങ്ങൾ ഭക്തിയിലും ആചാരത്തിനും നീക്കി വിശ്വാസം വിശ്വാസം ഭക്തി ആചാരം നീക്കി അല്ല ഇതേ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ തന്നെ നിങ്ങൾ ഇന്റലക്ച്വലായിട്ടാണ് സമീപിക്കുന്നതെങ്കിൽ മനസ്സിലായോ അവിടെ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ആചാരത്തിനല്ല ഭക്തിക്കല്ല വിശ്വാസത്തിനല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ എഫർട്ടിനാണ് നിങ്ങളുടെ അധ്വാനത്തിനാണ് പ്രാധാന്യം തമ്മിൽ വ്യത്യാസം എഫർട്ട് പിന്നെ ഇത് രണ്ടും മിക്സ് ആയിട്ടും വരും ആൾക്കാരുടെ ഒരേ വിഷയത്തിൽ തന്നെ കുറച്ച് ആൾക്കാർ കുറച്ച് എന്താണ് ഇമോഷണലായി സമീപിക്കും കുറെ ഇന്റലക്ച്വലായിട്ടും ആയിരിക്കും രണ്ടും കൂടെ വരും അങ്ങനെയും വരും അപ്പൊ ഒരു വ്യക്തിക്ക് ഇതിനുള്ള സമീപനം എങ്ങനെയെന്നുള്ളതാണ് ഒരാൾ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് അപ്പൊ അയാൾ എന്താണോ അയാള് എന്താണ് ഇമോഷണൽ ആണെങ്കിൽ അയാളുടെ സമീപനം അങ്ങനെ ആയിരിക്കും ഇന്റലക്ച്വൽ ആണെങ്കിൽ അയാളുടെ സമീപനം വേറെ ഒന്നായിരിക്കും ഇത് മിക്സ് ആണെങ്കിൽ അയാളുടെ സമീപനം മിക്സഡായിരിക്കും അപ്പൊ ഏതാണ് സ്പിരിച്വാലിറ്റി എന്ന് ചോദിച്ചാൽ ആ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അത് വ്യക്തി എന്നിഷ്ടമാണ് വ്യക്തി എങ്ങനെയോ അതനുസരിച്ച് അനുസരിച്ചു അതിൽ ഇന്നത് ശരി ഇന്നത് തെറ്റെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല നിങ്ങൾ ഫുൾ ഇമോഷണലാണോ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ഇമോഷണൽ ആയിരിക്കും ഇന്റലക്ച്വൽ ആണോ അതങ്ങനെ ആയിരിക്കും മിക്സ് ആണോ അത് രണ്ടും കൂടെ മിക്സ് ആയിപ്പോവും ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വേറെ ശരി തെറ്റുകളൊന്നും അങ്ങനെയൊന്നുമില്ല അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം നമുക്ക് നമ്മളെ ബോധം വേണം നമ്മൾ ആരാണെന്നറിയണം നമ്മള് സംഗതി ഇമോഷണലാണോ ഇന്റലക്ച്വൽ ആണോ അതേ മിക്സഡാണോ നമ്മൾ അറിഞ്ഞിട്ടുള്ള അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ആർക്ക് വേണ്ടിട്ടാ പറയുന്നത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിട്ടാ പറയുന്നത് ഈ മട്ടി ടാസ്ക് അല്ല അവർക്ക് അതൊക്കെ ആവശ്യമാണ് അല്ല നിങ്ങൾ ഇമോഷണൽ ഇന്റലക്ച്വൽ ആയാലും കുഴപ്പമില്ല അല്ല നിങ്ങൾ വേറെ ഇമോഷണലാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തിരിയണ്ട ഇതങ്ങോട്ടക്ക അതാണ് അതിന്റെ വ്യത്യാസം അതുകൊണ്ട് പ്രാമികകാരനും ാരനുമൊക്കെ നമ്മളെ പരീക്ഷിക്കാണ് നമ്മുടെ സെൽഫ് അവയർനെസ്സിനെ അവര് പരീക്ഷിക്കാണ് ഇനി ഏത് ടൈപ്പാണ് നിനക്ക് പറ്റുമോ എന്തെയോ എന്നുള്ള രീതി അപ്പൊ ഇത് തന്നെ പറയണമെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ വേണ്ടിവരും നിത്യാനിത്യവാസവുന്ന് പറയുന്നത് കൊണ്ട് വിവേകത്തിന് എന്തർത്ഥം കൊടുക്കുന്നു നിശ്ചയം നിശ്ചയം എന്ന് പറഞ്ഞാൽ അവിടെ അജ്ഞാന സംശയം വിവേചങ്ങളൊന്നുമില്ല ഇനി വിവേകത്തിന് നിശ്ചയമെന്നർത്ഥമുണ്ട് അതാണ് അതിന്റെ അർത്ഥം നിശ്ചയം പക്ഷേ വിവേകമെന്ന് പറഞ്ഞാ ഒരു അങ്ങനെ ഒരു അർത്ഥം കൊടുക്കുന്നുണ്ട് സാമാന്യജ്ഞാനം എന്നാണ് എടുക്കുകയാണെങ്കിൽ ഭാമധികാരം പറയുന്നത് അങ്ങനെയാണെങ്കിൽ സാമാന്യമായി പറഞ്ഞാൽ സംശയം വരാം സംശയം അത് വരും അപ്പൊ നിത്യാനിത്യങ്ങളെ കുറിച്ചുള്ള സംശയവും നടത്തും വരും നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് നിത്യവും അനിത്യവും തമ്മിലുള്ള തമ്മിൽ നിത്യവും അനിത്യവും ഈ വിഷയങ്ങളെ കുറിച്ചുള്ള സംശയവും സംശയമുള്ളവർക്ക് പിന്നെ ചെയ്യണം അപ്പൊ ശരിയായില്ലേ പറയുന്നത് എന്താണ് അത വിവേകോ വിവേകമെന്ന് പറഞ്ഞാൽ മാത്രം ഞാനം മാത്രമാണ് സംശയം ഞാൻ നിശ്ചയം നിശ്ചയമല്ല എന്നങ്ങനെ പറയുമ്പോ അതാന്ന് പറഞ്ഞോണ്ട് എന്താണ് വിവേകം വെച്ചാൽ നിശ്ചയമെന്നാണ് അർത്ഥം മാറ്റമൊന്നുമില്ല എന്താണ് ജ്ഞാനം എടുക്കുന്നു അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തഥാസത്തി അങ്ങനെയാണെങ്കിൽ ഏഷ ഇവിടെ പറഞ്ഞ വിവേകമെന്ന് പറയുന്നത് വിപരിയാസാദ് പിന്നെന്താണ് ഒരു സംശയം നേടും അപ്പൊ നിത്യാനിത്യ വസ്തുവിവേക നിത്യവും അനിത്യവും ഇവയിലുള്ള സംശയം ഇവയെ കുറിച്ചുള്ള സംശയം വരും അങ്ങനെ വന്നുകഴിഞ്ഞാലും ഒരു പ്രശ്നമുണ്ട് എന്താണ് വൈരാഗ്യം ഭാവയേ ഇത് വൈരാഗ്യം ഉണ്ടാകത്തില്ല അങ്ങനെ ഒരർത്ഥം പറഞ്ഞു വൈരാഗ്യം ഉണ്ടാകത്തില്ല അതായത് ഭവതികാലം നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് ആത്മാവ് നിത്യമാണ് ബാക്കിയെല്ലാം കർമ്മഫലങ്ങളും മറ്റുമൊക്കെ നിത്യമാണ് ഭക്ഷിക്കാരനും സമ്മതിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള ജാനുണ്ടായാൽ ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടാവും വിരക്തി വൈരാഗ്യം വെച്ചാൽ വിരക്തി ഉണ്ടാവും വിരക്തി ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുന്നു കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മവിചാരത്തിലേക്ക് തിരിയുന്നു ഇതാണ് ഭാഷകാരം പറയുന്നു മനസിലായോ ഭാഷകാരന്റെ അഭിപ്രായം മനസ്സിലാണോ ഭാഷകാരം പറയുന്നത് എന്താണോ നിത്യാനിത്യവസാ ആത്മാവ് നിത്യമാണെന്നറിയുന്നു കർമ്മഫലങ്ങൾ അനിത്യമാണെന്നറിയുന്നു അപ്പൊ കർമ്മഫലങ്ങൾ അനിത്യമാണെങ്കിൽ പിന്നെ കർമ്മത്തിന് അയക്കു രാഗമുണ്ടാകുന്നില്ല അതാണ് വിരക്തി പിന്നെ അയാളെന്ത് ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ട് ബ്രഹ്മവിചാരം ചെയ്താണ് ഭാഷകാരം പറയും പാമതികാരം പറയുന്നത് നിത്യാനിത്യവസ്തുവിക എന്ന് പറഞ്ഞാൽ നിത്യേത് അനിത്യം ഇല്ലതാണെന്നൊക്കെയുള്ള ഒരു സാമാന്യജ്ഞാനമാണെങ്കിൽ ശരിയാണ് ജ്ഞാനം ഉണ്ടായി എന്നുവെച്ചാൽ അതിൽ അയാൾക്ക് ഭ്രാന്തി ഇല്ല പക്ഷെ സംശയമുണ്ടാവും ആത്മാവ് നിത്യമാണോ ഈ ദേഹേന്ദ്രിയങ്ങളൊക്കെ അനിത്യമാണോ എന്നുള്ള സംശയമുണ്ടാവും സംശയം ഉണ്ടായി കഴിഞ്ഞാൽ വൈരാഗ്യം ഉണ്ടാവത്തില്ല എന്നാണ് എന്തുകൊണ്ട് വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ ഇത് ഉറപ്പ് വേണം ഇതൊക്കെ ഉപേക്ഷിക്കണമെങ്കിൽ ഇതനിത്യമാണെന്ന് ഉറപ്പ് വേണ്ടേ അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിക്കണം ഒരാള് ഒഴിയെ നടന്നുപോയപ്പോ ഒരു സ്വർണ്ണ കട്ടി കിട്ടി മേഖ കെട്ടി സ്വർണ്ണ കട്ടിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാളത് ഉപേക്ഷിക്കും ഇല്ല ആ ചോദിച്ച് ചെമ്പില് സ്വർണം പൂച്ചിയിരിക്കുകയാണ് ഇതിന് സ്വർണ്ണം ഇല്ലെന്നറിഞ്ഞ എന്ത് ചെയ്യും അയാളത് ഉപേക്ഷിക്കും ഉറപ്പായിട്ട് ഉപേക്ഷിക്കും അപ്പോ ഇതൊക്കെ ഉപേക്ഷിക്കണമെങ്കിൽ നിശ്ചയമായ ഞാൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊരു സംശയമുണ്ടെങ്കിൽ അയാൾ ഇത് ഉപേക്ഷിക്കത്തില്ല വൈരാഗ്യം ഉണ്ടാകത്തില്ല ഉപേക്ഷിക്കത്തില്ല അപ്പൊ നിത്യാനിത്യവസ്തുതെന്ന് പറയുന്ന ഒരു സംശയജ്ഞാനമാണെങ്കിൽ ഒരിക്കലും അയാൾ വൈരാഗ്യം ഉണ്ടാകത്തില്ല വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇതിനെ ഉപേക്ഷിക്കില്ല ഉപേക്ഷിക്കുന്നതാണ് സന്യാസം അപ്പൊ അയാൾ സന്യാസത്തിലേക്ക് വരത്തില്ല ബ്രഹ്മവിചാരം ചെയ്യത്തില്ല അത് ഭാമതീകാരൻ പറയുന്നതും ഭാഷികാരം പറയുന്നതും ഒരു വലിയ വ്യത്യാസം ഭാമതീകാരം പറയ ഭാഷികാരം പറയുന്നത് നിത്യം എന്ന് വെച്ചാൽ ആത്മാവാലും തർക്കമില്ല അനിത്യം എന്ന് പറയുന്നത് ഭാഷികാരം പറയുന്നത് അനിത്യം എന്ന് പറഞ്ഞാൽ കർമ്മഫലങ്ങൾ അനിത്യമാണ് ളും അനിത്യമാണ് അപ്പൊ കർമ്മഫലങ്ങൾ അനിത്യം എന്നറിയുന്നോണ്ട് കർമ്മം ചെയ്യുന്നില്ല സന്യസിക്കുന്നു അയാൾക്ക് വൈരാഗ്യം ഉണ്ടാവും എന്നാണ് ഭാവനികാരൻ ആ കർമ്മഫലത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല പാവനികാരൻ പറയുന്ന എന്താണ് നിത്യമാത്മാണെന്നറിയുന്നു ദേഹേന്ദ്രിയാദികൾ അനിത്യം എന്നറിയുന്നു അതിൽ തന്നെ സംശയമുണ്ട് അതുകൊണ്ടാണ് വൈരാഗ്യം ഉണ്ടാകുന്നില്ല വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ കർമ്മത്തെ ഉപേക്ഷിക്കില്ല സന്യാസിയാകത്തിൽ സന്യാസിയായ അപേക്ഷിക്കുന്നാണ് സന്യാസം അല്ലാതെ കവി കൊടുക്കുന്നതല്ല സന്യാസം കർമ്മങ്ങളെ പേക്ഷിച്ചിട്ടാണ് ബ്രഹ്മവിചാരത്തിലേക്ക് പറ്റിയില്ല കുറെ വലിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് രണ്ടുപേരും പറയുന്നു ഭാഷകാരനും ഭഗവതികാരനും പറയുന്ന എന്താണ് വൈരാഗ്യം ഉണ്ടായാലേ ബ്രഹ്മവിചാരം ചെയ്തു രണ്ടുപേരും അംഗീകരിക്കുന്ന ആത്മവിചാരം ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം വൈരാഗ്യം ഉണ്ടാവണം രണ്ടുപേരും പറയും എന്തിനുള്ള വൈരാഗ്യം പാക്ഷികാരം പറയുന്നത് കർമ്മഫലങ്ങളിൽ വൈരാഗ്യം ഉണ്ടാവണം വിരക്തി ഉണ്ടാവണം ഭഗവതികാരം പറയുന്നത് ദേഹീന്ദ്രിയാദികളിൽ വിരക്തി ഉണ്ടാവണം രണ്ടിനും പറയുന്നതിനത്യാസം പിന്നെ നിശ്ചയം വിവേകമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭാവാധികാരം പറയുന്നത് നിശ്ചയം എന്നുള്ള അർത്ഥം എടുക്കാം അതാണ് അതിന്റെ അർത്ഥം ഇനി വേണ്ട അത് വിട്ടു കഴിഞ്ഞാൽ സാമാന്യജ്ഞാനവും നടത്താം അങ്ങനെ സാമാന്യജ്ഞാനം നടത്തുകഴിഞ്ഞാൽ വരുന്ന പ്രശ്നം ആത്മാവ് നിത്യമാണോ എന്നുള്ള സംശയമുണ്ടാവും ദേഹേന്ദ്രാദികൾ ആനിത്യമാണോ എന്നുള്ള സംശയം ഉണ്ടാവും ഉണ്ടാവുക കഴിഞ്ഞാൽ പിന്നെ വൈരാഗ്യം ഉണ്ടാകത്തില്ല ബ്രഹ്മവിചാരം ചെയ്യത്തില്ല രണ്ടുപേരെ സമ്മതിക്കുന്ന കാര്യമാണ് വൈരാഗ്യം ഉണ്ടാവണം ബ്രഹ്മവിചാരം ചെയ്യണം അഭാവിയൻ കഥ ബ്രഹ്മജിജ്ഞാസഹേതു വൈരാഗ്യം ഉണ്ടായില്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നിത്യാനിത്യ വസ്തുവേകം എങ്ങനെയാണ് ബ്രഹ്മ ജിജ്ഞാസക്ക് കാരണമാകുന്നത് ബ്രഹ്മവിചാരത്തിന് എങ്ങനെ ഭഗവതികാരം പറയുന്നത് നിത്യാനിത്യവസ്തുവേകം ബ്രഹ്മവിചാരത്തിന് കാരണമാണ് എന്തുകൊണ്ട് നിത്യാനത്യ വസ്തുവേകം വൈരാഗ്യത്തെ ഉണ്ടാക്കും അപ്പം നിത്യാനിത്യ വസ്തുവേകത്തിന്റെ അർത്ഥം നിശ്ചയാത്മകമായ ജ്ഞാനമൊന്നുതന്നെ എടുക്കണം ഭാവധികാരം പറയണം സംശയമൊന്നും എടുക്കാൻ പാടില്ലത്യ വസ്തുവേകം നിശ്ചയമായ ജ്ഞാനമാണ് അപ്പൊ അയാൾക്ക് വൈരാഗ്യം ഉണ്ടാവും അയാള് ബ്രഹ്മവിചാരം ചെയ്യും പക്ഷെ ഇങ്ങനെ പറയുന്ന ഒരു കുഴപ്പമുണ്ട് നിത്യാനിത്യ വസ്തുവേകം നിശ്ചയാത്മക ജ്ഞാനമാണെങ്കിൽ ബ്രഹ്മജ്ഞാനം ഉണ്ടായി ഇനി വിചാരത്തിന്റെ ആവശ്യയിലാണ് പാവതികാരൻ പറയുന്ന പ്രശ്നങ്ങൾ അപ്പൊ സാമാന്യ ജ്ഞാനം ഒന്നെടുത്തുകഴിഞ്ഞാൽ ഉള്ള കുഴപ്പം വൈരാഗ്യം ഉണ്ടാവത്തില്ല നിശ്ചയാത്മകമായ ജ്ഞാനം ഒന്നെടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മവിചാരമേ നടക്കത്തില്ല ജ്ഞാനുണ്ടായിക്കഴിഞ്ഞു മനസിലായ പാവതികാരൻ പറയുന്നു നിത്യാനിത്യവസ്തുക്കം എന്ന് പറയുന്ന ആത്മാവിനെയും അനാത്മാവിനെയും കുറിച്ചുള്ള സാമാന്യജ്ഞാനം എന്ന് പറഞ്ഞാൽ അവിടെ സംശയം ഉണ്ടാവും സംശയം ഉണ്ടായാൽ വൈരാഗ്യം ഉണ്ടാകത്തില്ല വൈരാഗ്യം ഉണ്ടായില്ലെങ്കിൽ ബ്രഹ്മവിചാരം നടക്കില്ല ഇതാണ് പാമധികാരം പറയുന്നത് അപ്പൊ നിത്യാനിത്യ വസ്തുവേദത്തിന് എന്ത് ജ്ഞാനം കൊടുക്കും എന്താർത്ഥം നിശ്ചയമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിചാരം നടക്കില്ല സാമാന്യജ്ഞാനം എന്ന് പറഞ്ഞാലും ബ്രഹ്മവിചാരം നടക്കില്ല നിശ്ചയാത്മകമായ ജ്ഞാനം എന്ന് പറഞ്ഞ ബ്രഹ്മവിചാരം ചെയ്യേണ്ട കാര്യമില്ല ഞാനും ഉണ്ടായിക്കഴിഞ്ഞു സാമാന്യ ജ്ഞാനം എന്നെടുത്തു കഴിഞ്ഞാല് സംശയമാണ് സംശയം എന്ന് പറയുമ്പോഴത്തേക്ക് വൈരാഗ്യം ഉണ്ടാവത്തില്ല ബ്രഹ്മവിചാരം ചെയ്യത്തില്ല കർമ്മങ്ങളെ ഒന്നും ഉപേക്ഷിക്കത്തില്ല രണ്ടുപക്ഷമായ ശരിയില്ലെന്നാണ് പാവതികാരൻ പറയുന്നത് ഈ ഭാവനികാരന്റെ പക്ഷെ ശരിക്കും മനസ്സിലാവും തസ്മാത് ഏവം വ്യാഖ്യാനം അതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഞാൻ പറയുന്ന പോലെ വ്യാഖ്യാനിക്കും എന്ന് പറഞ്ഞ് ഭാഷകാരൻ സ്വപ്നം പോലും കാണാത്തൊരർത്ഥം ഭാവതികാരൻ നിത്യാനിത്യവസ്വേദത്തിന് വ്യാഖ്യാനിക്കുകയാണ് ഇതൊന്നും ഭാവതികാരൻ പറയുന്ന ഈ വ്യാഖ്യാനം ഒന്നും ഭാഷകാരൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്നാ ഭാഷികാരനെ വ്യാഖ്യാനിക്കുന്ന ഭാവതി ഭാവതികാരന്റെ മനസ്സിലൊരുപ്പെന്താണോ ഈ ഭാഷകാരൻ ഭാഷ എഴുതുന്നതിന് അത്ര പോരാ എന്നാണ് ഭാവനികാരന്റെ അഭിപ്രായം അതുകൊണ്ട് ഭാവതികാരൻ ഭാഷകാരനും അവിടെ വ്യാഖ്യാനിക്കുക എപ്പം തിരുത്തുകയാണ് ഇങ്ങനെയൊന്നും പോരാ ഭാഷ എഴുതുന്നതിന് മനസ്സിലായോ അങ്ങനെയാണ് പോകുന്നത് ീ കാര്യം വ്യക്തമായി അറിഞ്ഞിരിക്കണം എന്താണ് സാമാന്യമായ ജ്ഞാനം വിവേകത്തിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംശയമുണ്ടാവും സംശയം ഉണ്ടായാൽ വൈരാഗ്യം ഉണ്ടാവത്തില്ല ആരും ബ്രഹ്മവിചാരം ചെയ്യത്തില്ല ബ്രഹ്മവിചാരം ചെയ്യുന്നതിന് വൈരാഗ്യം കൂടിയേ തീരൂ എന്തുകൊണ്ട് വൈരാഗ്യം ഉണ്ടായ കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക അതാണ് സന്യാസം എന്ന് അല്ലാതെ കാവ്യ പിടിച്ച് കാവ്യം എടുത്ത് മുട്ടയടിക്കുന്ന എല്ലാം സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെല്ലാം അപ്പൊ അത് വൈരാഗ്യം ഉണ്ടായാലും കേട്ടു വൈരാഗ്യം ഉണ്ടാകണമെങ്കിൽ ഉറപ്പ് വേണം ആത്മാവും നിത്യവും ബാക്കിയെല്ലാം നിത്യമാണ് വിവേകത്തിന് നിശ്ചയം എന്നുള്ള അർത്ഥം എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ പാധികാരം പറയുന്നു അങ്ങനെ എടുത്തു കഴിഞ്ഞാലും വിചാരം നടക്കത്തില്ല കാരണം ആത്മാവ് എന്ത് അനാത്മാവുണ്ടെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തിനാ വിചാരം ണ്ടായല്ലോ പാവനികാരന്റെ ഈ സംശയങ്ങൾ ഈ വ്യാഖ്യാനം ഇതൊക്കെ ശരിയല്ലേ പറയുന്നതിന് കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല ഈ പറയുന്നതിനൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്തുകൊണ്ട് ഭാഷകാരനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഭാഷകാരനെ മനസ്സിലാക്കിയിട്ടുള്ള പാവതികൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുക പക്ഷെ വ്യാഖ്യാന തിയറികളാണ് അതുകൊണ്ട് എന്ത് വേണം വ്യാഖ്യാനിച്ച് പറഞ്ഞു വയ്ക്ക അല്ല അതിനപ്പുറം ഇതിനൊന്നും കാൽക്കാശിന്റെ വിലയില്ല മനസിലായോ വ്യാഖ്യാന തിയറി അത്രയുള്ളൂ പക്ഷെ ഇതിന് വിലയുണ്ട് എപ്പോ എപ്പോഴാണ് ഇതിന് വില വരുന്നത് എപ്പോഴാണോ ഇതിന് മൂല്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതിന് വിലയുണ്ട് ദൈവത്തിന് വിലയുണ്ടാവുന്നത് എപ്പോഴാണോ അല്ല ദൈവത്തിന് എപ്പോഴാണ് വിലയുണ്ടാവുന്നു ദൈവം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോ ദൈവത്തിന് വില നിശ്ചയിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാ മല്ലിയ അയ്യപ്പനുണ്ടെന്ന് വിശ്വസിച്ചെത്ര കിലോ സ്വർണ്ണം കിട്ടി വിശ്വസിച്ചോണ്ടീ വില വന്നു ആണോ അല്ലേ അന്നീയുടെ വിശ്വാസമാണോ വില ഉണ്ടാക്കുന്നു ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസ കേന്ദ്രം എന്ന് പറയുമ്പോ ലക്ഷക്കണക്കിന് വിശ്വസിക്കുന്നു അതൊരു വാസ്തവാണ് അപ്പൊ ആ സ്ഥാനത്തിന് ഒരു വിലയുണ്ട് വിശ്വാസമാണ് മൂല്യുണ്ടാക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഒരു ആഫ്രിക്കയില് ഒരു ഗോത്രവർഗ്ഗക്കാരുണ്ട് അവരുടെ ഒരു ദൈവം ഉണ്ട് ആ ദൈവത്തിന്റെ പേരാണ് ബുംബ ശരിക്കും ഉള്ളതാണ് ബുംബാ ദൈവം ഈ ബുംബാ ദൈവത്തിന് നിങ്ങൾ എന്തെങ്കിലും പത്ത് വയസ്സ് നിങ്ങൾ കൊടുക്കും എന്തെങ്കിലും വിലയണ്ടിങ്കൻ ദൈവം അത് കളിയാക്കി പറയുന്നതെന്നെ കളിയാക്കി പറയുന്നതല്ല ശരിക്കും അങ്ങനെ ഒരു ദൈവം ഉണ്ട് അവര് വിശ്വസിക്കുന്നതാണ് ബുംബാ ദൈവം ഈ ബുമ്പാ ദൈവത്തിന് നിങ്ങൾ ഒരു പൈസ ഒരു മല്ലിയും ഒരു പൈസയും കൊടുക്കത്തില്ല അതാണ് അനുമൂല്യം എന്തുകൊണ്ട് നിങ്ങൾ അതിന് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിന് മൂല്യമുണ്ട് പോലും അങ്ങനെയാണ് അപ്പൊ തിയറികൾക്ക് എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചാൽ അത് മൂല്യം ഉണ്ടാവും നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ മൂല്യമില്ല വിശ്വാസമാണ് മൂല്യം ഉണ്ടാവും എങ്ങനെയുള്ള സിദ്ധാന്തങ്ങളിൽ തിയറികളിൽ വ്യാഖ്യാന സിദ്ധാന്തങ്ങൾ വ്യാഖ്യാനത്തിലോണ്ട് ഉണ്ടാക്കുന്ന ആ സിദ്ധാന്തങ്ങളിൽ നമ്മൾ വിശ്വസിക്കുമ്പോ അതിന് മൂല്യം അപ്പോ മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസത്തിനൊരു വലിയ പങ്കുണ്ട് അതുകൊണ്ട് നമുക്ക് ആരുടെ വിശ്വാസത്തെ ആക്ഷേപിക്കാൻ പറ്റത്തില്ല മുമ്പാ ദൈവത്തിൽ നമുക്കൊരു മൂല്യമില്ല നമുക്ക് വിശ്വാസമില്ല പക്ഷെ ആദിവാസികൾക്ക് അതിന് മൂല്യമുണ്ട് അതുകൊണ്ട് ആ വിശ്വാസം നമുക്ക് ആക്ഷേപിക്കാൻ പറ്റില്ല എന്നവർക്ക് നമ്മൾ വിശ്വാസത്തെ ആക്ഷേപിക്കും ഇപ്പൊ ഒരിക്കലും ഒരു വിശ്വാസത്തിന് മറ്റു വിശ്വാസം കൊണ്ട് നിഷേധിക്കാൻ പറ്റത്തില്ല ഒന്നാണ് ഗുരു പറഞ്ഞ പല മതസാരവും ഏകം എല്ലാ വിശ്വാസങ്ങളും അംഗീകരിച്ചേ പറ്റൂ എല്ലാ മതങ്ങളും വിശ്വാസങ്ങളാണ് എല്ലാ മതങ്ങളുടെയും സാരം വിശ്വാസം തന്നെ അപ്പൊ ഒരു മതത്തിന്റെ വേറൊരാള് അതിർത്തിട്ട് കാര്യമില്ല എല്ലാം വിശ്വാസം അതുകൊണ്ടാണ് ഒരു മതവും പൊരുതാൻ ഒടുങ്ങുകയില്ല എന്തുകൊണ്ട് ഓരോ മതത്തിനും വിശ്വാസികളുണ്ട് വിശ്വാസികളെടുത്തോളന്നാലും മതം നശിക്കും ഒരിക്കലും നശിക്കത്തില്ല ഒരു മതവും നശിക്കില്ല എല്ലാർക്കും വിശ്വാസികൾ ഒരു മതവും പൊലതാങ് പറഞ്ഞ് വിശ്വാസത്തിലാണ് അത് നിക്കുന്നത് വിശ്വാസം മോശമായ കാര്യമില്ല ഇന്റലിജൻസും മോശമായ കാര്യമുണ്ട് എന്റെ ഇടയ്ക്ക് കൂടെ അതുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതന്നെയാണ് പുട്ടിന്റെ ഇടയ്ക്ക് പീരയിടുന്നത് പോലെ ഒരു ടെസ്റ്റിന് വേണ്ടി അതുകൂടെ പറഞ്ഞു തന്നെയാണ് മാത്രമേ ഇത് ബോറിച്ചു താങ്ങത്തില്ല അങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നു ഈ വിഷയത്തിന് ഏറ്റവും കൂടുതൽ ഇന്റലക്ച്വലായിട്ട് ആരാണോ പ്രതിപാദിക്കില്ല ശങ്കരത്തില് മനസിലാക്കാത്തതുണ്ടെന്നും പറഞ്ഞു പിന്നെ മാമധികാരം അ ശങ്കചാര്യക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ള വിധത്തില് സ്വാമി രണ്ടും രണ്ടു തരത്തിലോ രണ്ടു തരത്തിലോ എപ്പഴും ഞാൻ പറയാറുണ്ട് അതെ അതെ അതെ മനസ്സിലായിട്ടില്ല ഏ ആ മനസ്സിലായി അതെ അതെ ഏഹ് ആർക്കും അറിയുന്നുള്ളയില്ല ശങ്കരാചാര് എഴുതി വെച്ച് മൺമറിഞ്ഞിട്ടല്ലേ പാമതികാരം എഴുതുന്നില്ല ശങ്കരാചാര് ഭാമതികാരന് മനസ്സിലാക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല രണ്ടു കാലത്തിലാണ് ഇപ്പൊ ഭാമതീകാരൻ ഉം ഭാമതീകാരൻ ശങ്കരാചാര് കഴിഞ്ഞൊരു നൂറ് വർഷം കൊണ്ട് കഴിഞ്ഞായിരിക്കും പാമതികാരൻ എഴുതുന്നത് അപ്പൊ ശങ്കരാചാര്യരെ ഭാമതീകാരൻ ഒന്നുകിൽ ശങ്കരായ ശരിക്കും മനസ്സിലാക്കിയിട്ട് മനസ്സിലായില്ല എന്ന് വിളിക്കുന്നു എന്തിനു സ്വന്തമായ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലായില്ല രണ്ടായാലും ശങ്കരായര് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് പാവതികാരൻ അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലായാലേ ഇത് രണ്ടുകളുടെ വ്യത്യാസം മനസ്സിലാവും അല്ലെങ്കിൽ ഇതെല്ലാം അദ്വീതമാണെന്ന് നമ്മൾ ധരിച്ചു ായോ നമ്മള് നിങ്ങൾക്കുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് വേറെ വേറെ പണിയുണ്ടേറെ എനിക്ക് പണിയോ ബുദ്ധി വികാസം എനിക്ക് വേറെ ഒരു പണിയും അറിയത്തില്ല എനിക്ക് ആകാൻ പണിയില്ല നിങ്ങളെ കുറെ പേരെ കിട്ടി എനിക്ക് നിങ്ങൾക്കും വേറെ പണിയില്ല അതിനപ്പുറം വലിയ പ്രതീക്ഷകളും വ്യാജമായ എന്താണ് ഒരു കാര്യവും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പറയാൻ കാര്യമുണ്ടോ നിങ്ങൾക്ക് വേറെ പണി ഉണ്ടെങ്കിൽ അതിന് പോകും പണിയില്ലാത്ത പണി നിങ്ങൾ ഇവിടെ വരാറുണ്ടോ ആണോ അല്ലേ വേറെ ഒരു പണി ഇല്ലെങ്കിൽ ഇവിടെ വരും പണി ഉണ്ടെങ്കിൽ അതിന് പോകും എനിക്ക് വേറെ പണിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു ഇത്രയേ ഉള്ളൂ വിശാല അനുസ്വാമിക്ക് പണിയുണ്ടെങ്കിൽ വരത്തില്ല അതിന് പോകും കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇരുന്ന് ഒരു പണിയില്ലെങ്കി ഇവിടെ വന്നിരുന്നു ഞാൻ പറഞ്ഞ് ശരിയാണോ ഇപ്പൊ ദേവാത്മാൻ സ്വാമിക്ക് ഇപ്പൊ ഒരു പണിയില്ല അതുകൊണ്ട് ഇവിടെ വന്നിരിക്കും വേറെ എന്തെങ്കിലും പണി കിട്ടിയങ്ങോട്ടും എനിക്കാണെങ്കിൽ വേറെ ഒരു പണിയില്ല ആകെ നമ്മുടെ ഒരു പണിയില്ലാന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു കൃത്യമായിട്ട് ഇത്രയുള്ള ഇതിനാണ് ഞാൻ പറഞ്ഞ് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയുന്നു എക്സൈസ് ബുദ്ധിവികാസം അല്ലെ ബ്രെയിനൊക്കെ ബ്രെയിൻ ഉപയോഗിക്കാതിരുന്ന ഇപ്പൊ വരുന്ന ഏറ്റവും വലിയൊരു അപകടം എന്താണ് ഡിമൻഷ്യ ഡിമൻഷ്യ അല്ലല്ല ഡിമൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവധൂതന്മാര് ഒരുപാട് പേര് കണ്ടിട്ടില്ലേ അവിടെ ഇവിടെ എന്താണ് പിന്നെ ഒരു സ്വാമിയുടെ കാര്യം പറഞ്ഞു ഇതെല്ലാം ഇന്നത്തെ ന്യൂറോ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞ ഇതെല്ലാം വെറൈറ്റി ഡിമൻഷ്യകളാണ് പല വെറൈറ്റികളാണ് ചെലവ് സംസാരിക്കില്ല ഇതൊക്കെ ഡിമൻഷ്യയുടെ പല ഇത് വെറുതെ പറയാനല്ല വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഡിമൻഷ്യ എന്ന് പറയുന്ന ഒരൊറ്റ വിഷയം അല്ലെങ്കിൽ അക്ഷസ് അക്ഷേ സ്പെല്ലിങ് ഞാൻ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകും കാരണം ഞാൻ എഴുതാറല്ലോ വായിക്കത്തേ ഉള്ളൂ കേൾക്കത്തേ ഉള്ളൂ ഈ രണ്ടും നോക്കി കഴിഞ്ഞാല് നമ്മുടെ ഭാഗവതത്തില് ഒരാളുണ്ട് ആരുടെ അച്ഛനാണ് ഒരു കല്ലെടുത്ത് വായു ഇട്ടുകൊണ്ട് ഇങ്ങനെ കാട്ടിൽ അലഞ്ഞിടന്നൊന്നും കേട്ടിട്ടുണ്ടാക്കാതെ ഒരു ഋഷിയുടെ ഭാഗവതം കേട്ടിട്ടില്ലേ കാട്ടില് ഒരു കല്ലും എടുത്ത് വായിട്ടിട്ടുകൊണ്ട് വസ്ത്രമൊന്നും കൊടുക്കാതെ ഇങ്ങനെ അലഞ്ഞാണെന്ന് കാട്ടിൽ തീപിടിച്ച് മരിച്ച് ഭരദ്വാജൻറെ അച്ഛനും മാറ്റമാണ് ഭരദ്വാജൻറെ അച്ഛൻ വളരെ ഭാഗവതത്തിലൊക്കെ ഒരുപാട് പറയും അവധൂതനായിട്ട് ഡിമൻഷി വരുന്നത് ഡിമൻഷിയുള്ളവര് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഡിമൻഷിയുള്ള ചില ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ചവച്ചോണ്ടിരിക്കും ചിലര് ഒന്നും തിന്നത്തില്ല വായിലെന്തെങ്കിലും എടുത്തിട്ടോണ്ടിരിക്കും കല്ലോ പേപ്പറോ പണ്ട് അതൊക്കെ ഇന്നതൊക്കെ ഡിമൻഷ്യ ചിലര് ഇരുന്നും മലമൂത്ര വിസർജനമൊക്കെ പോയിക്കൊണ്ടേ അവർക്കൊന്നും അറിയത്തില്ല ചിലരെവിടെങ്കിലും കിടന്നാ അവിടെ കിടക്കും ഭക്ഷണം വെള്ളം കുടിക്കത്തില്ല ചിലർ കുത്തി ഇരുന്നാൽ ഇങ്ങനെ ആയിരിക്കും ചിലർ ഇങ്ങനെ മേള നോക്കിക്കൊണ്ടിരിക്കും നോയിക്കൊണ്ടിരിക്കും വേറെ നോക്കത്തില്ല ചില നേരെ നോയിക്കൊണ്ടിരിക്കും കണ്ണും മേഴിച്ച് അതൊക്കെ ഡിമൻഷ്യം സയൻസ് കൃത്യമായി പറയുന്നതാണ് ഇതിനൊക്കെ പണ്ട് ഭയങ്കര മാർക്കറ്റായിരുന്നു ഇന്നും വിവരമില്ലാത്ത മനുഷ്യരുടെ വലിയ മാർക്കറ്റാണ് പല പല കാരണങ്ങളുണ്ട് ശരിക്കുള്ള കാരണം ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട് വിമനഷിയണം എന്നറിയാം കാരണം ഇന്നിങ്ങനെയുള്ള പേഷ്യന്റ്സ് ഒരുപാടുണ്ട് അവരൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കറിയാം അവർക്ക് വേറെ സ്പിരിച്വലൊന്നും ഇല്ല ചിലരെ ഇങ്ങനെ വെറുതെ പുത്തുനിർത്തോണ്ടിരിക്കും ആ ഞാൻ ആ പറയുന്നതെല്ലാം ഡിമൻഡ് ചെയ്യണം ഇന്ന് ഇന്ന് അതെല്ലാം ഡിമൻഡ് ചെയ്യണം യാതൊരു സംശയമില്ല ഈ ലോകത്തുനിന്ന് നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് രോഗികളുണ്ട് ഡോക്ടർമാര് ചികിത്സിക്കുന്നുണ്ട് അവര് വേദാന്തമൊന്നും പഠിച്ചവരല്ല അവരെല്ലാം ഈ അവധൂതന്മാരെന്ന് പറയുന്ന മൊത്തം ഡിമൻഷ്യ കേസുകളാണ് അവസാനം വരെ മനസ്സിലാവും ജീവിതത്തിന്റെ അവസാനം നോർമലായി സാധാരണ മനുഷ്യരെ പോലെ മറ്റുള്ളവട് വർത്തമാനം പറയും ചിരിക്കുകയും സങ്കടപ്പെടുകയും എല്ലാം ചെയ്ത് ജീവിച്ച ഒരേ ഒരു ഗുരു നാരായണ ഗുരുവാണ് ബാക്കി എല്ലാടേയും മനുഷ്യ പിടിച്ചു എന്റെ അറിവില്ല ായിച്ചു നോക്കുക എല്ലാ നോർമൽ ആയിട്ട് എല്ലാ രോഗം വന്നപ്പോൾ കരയും നിലവിളിക്കുകയും ഭക്ഷണം കഴിക്കുകയും എല്ലാവരോടും സംസാരിക്കും എല്ലാം ചെയ്ത അവസാന സമയം വരെ ജീവിച്ച ആള് നാരായണ ഗുരു എന്ന് പറയുന്ന ഒരു ഗുരുവേടും ബാക്കി എല്ലാ ഡിമൻഷികൾ മിക്കവാറും എല്ലാം രാമകൃഷ്ണദേവന് എപ്പിലപ്സി ആയിരുന്നു ടെമ്പററി ലോബ് എപ്പിലപ്സിന്ന് പറയും അത് പ്രത്യേകിച്ചും കൃത്യമായിട്ട് ദോഷമൊന്നും അല്ല അതൊന്നും അത് എന്തോരം വലിയ അപരാധമോ ദോഷവും ഉള്ളതല്ല അതിനെ സ്പിരിച്വലായി വ്യാഖ്യാനിക്കുന്നിടത്താണ് ഇപ്പൊ എനിക്കും വന്നു വരാം എഫിലപ്സി എനിക്കും ഡിമൻഷ്യൻ വന്നെന്ന് പറയാം എനിക്കും ഈ അക്ഷിമേഴ്സ് വന്നെന്ന് വരാം അതൊക്കെ മനുഷ്യന് നാളെ എന്ത് വരും പറയാൻ പറ്റില്ല അതും മനുഷ്യന്റെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാ ഞാൻ എന്താണ് പതിനേഴാമത്തെ സ്ഥാനത്താണ് അല്ലെങ്കി പന്ത്രണ്ടാമത്തെ സ്ഥാനത്താണെന്ന് പറയും നിങ്ങളൊരു വ്യാഖ്യാനിക്കരുത് മനസ്സിലായോ ആവശ്യമുള്ള ചികിത്സ ആവശ്യമുള്ള ചികിത്സ അത് കൊടുക്കും ശുശ്രൂഷയും ചികിത്സയും അത് കൊടുക്കും ഈ രാമകൃഷ്ണദേവൻ സംസാരിച്ച് ഇരിക്കുന്ന സമാധിക്കുന്നത് അത് ഇത് തന്നെയാണ് ടെമ്പറോ എപ്പലപ്സി ആണോ ഞാൻ നിങ്ങള് റെക്കോർഡ് ചെയ്ത് പുറത്തായിരിക്കും കേൾക്കരുത് രാമകൃഷ്ണൻ ഒരു സ്വാമിമാർ എന്നെ തല്ലിക്കൊണ്ട് രാമകൃഷ്ണദേവൻ അങ്ങനെ വന്ന ഒരു ദോഷമായിട്ട് ഞാൻ കാണുന്നില്ല ഏത് മനുഷ്യനും വരെ എനിക്കിതുവരെ വന്നിട്ടില്ല നാളെ വന്നൂടുന്നില്ല അതൊക്കെ ആർക്കും സംഭവിക്കാമെന്നുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് എന്തോ സ്പിരിച്വൽ കണ്ടാമൃഗമാണെന്നൊന്നും പറയുന്നില്ല അന്ന് പറയുന്നു ഇതൊക്കെ ഏത് മനുഷ്യനും ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു ഇത്രയുള്ളൂ ലിമൺഷ്യ എനിക്കോ നിങ്ങൾക്കോ വരാം അതൊന്നും യാതൊരു ഇതും ഇല്ല വരുന്നത് ഭാഗ്യ കേടന്നോ വരാതിരിക്കുന്ന ഭാഗ്യമൊന്നും എന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ അറിവ് വെച്ച് ഞാൻ വളരെ വർഷങ്ങൾക്കും ഞാൻ ഈ ജോലിയിൽ വരുന്നതിന് പേരും കൂടെ ഞാൻ പിന്നെ മെന്റൽ ഡോക്ടർ കണ്ടത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഞങ്ങൾ രാമകൃഷ്ണദേവനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് നാപ്പത് കൊല്ലം മുമ്പ്ന്നു വെച്ചോ നാപ്പത് വർഷം എന്ന് വെച്ചാൽ എനിക്കൊരു ഇരുപത്തഞ്ച് വയസ്സുള്ള സമയം അതിന് താഴെയുള്ള സമയം ഡോക്ടറോട് ഞാൻ രാമകൃഷ്ണദേവനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഈ അനുഭൂതികളെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞാൽ എപ്പിലപ്സിയാണെന്നുള്ളത് ഞാൻ അയാളെ അടിച്ചില്ലെന്നേ ഉള്ളു എനിക്കത് സഹിക്കാൻ പറ്റിയില്ലാന്ന് ഞാൻ പറഞ്ഞു ഇന്നേക്ക് സ്പിരിച്വാലിറ്റി എന്തെന്ന് അറിയത്തില്ല പറഞ്ഞു ഞാൻ ഇയാളെ ചൂടായി അപ്പൊ ആ ഡോക്ടറിനോട് പറഞ്ഞു കൊറച്ചു കഴിയുമ്പോ നീ മനസ്സിലാക്കൂന്നോ ഞാനന്ന് അന്ന് സംസാരിക്കാൻ ഞങ്ങൾ സംസാരിക്കുമ്പോ എന്റെ കൂടെ വേറൊരു ഇന്ന് വളരെ പ്രസിദ്ധനായ ഒരു സ്വാമി എന്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് സ്വാമിയൊന്നുമല്ല കേട്ടിട്ടുണ്ടോ ഞങ്ങളുടെ രണ്ടിനും കൂടെയാണ് സംസാരിക്കുന്നത് പേരുടെ ആവശ്യത്തിന് പോയാണ് അപ്പൊ ഞാനും പുള്ളിയെ അതിർത്ത് പുള്ളി എന്നോട് പോയി വിവരമില്ലാത്ത മനുഷ്യന്റെ അടുത്ത് നമ്മൾ പോയി സംസാരിച്ച് പോട്ടെ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് അപ്പൊ രാമക്ഷേത്രനെ ഫിലിപ്സിന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ചെയ്യും എന്താണ് ഭജനാമൃതമൊക്കെ വായിച്ച് പിമ്പിരികയറിയിക്കുന്ന സമയമാണ് ഇതൊന്നും എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അയാളെ ഞാൻ അടിച്ചില്ലെന്നേ ഉള്ളു എനിക്കൊന്ന് ആരോഗ്യമുണ്ട് വേണ്ടിയന്ന് ഒന്ന് കൊടുക്കാനും പറ്റും പക്ഷെ അവസാനം അയാള് ഞാൻ ചൂടായി പറഞ്ഞു നാളെ ഒരു കാലത്ത് നീയത് മന ഇതേ ഭാഷയിൽ തന്നെ നീയത് അന്ന് ഞാൻ അത് കരുതില്ല ഞാൻ ഇത് മനസ്സിലാക്കുന്നു പിന്നെ വർഷങ്ങൾ പിടിച്ചെനിക്കത് മനസ്സിലാക്കാൻ എത്ര വർഷങ്ങൾ വേണ്ടിയൊന്നു നാപ്പത് കൊല്ലം വേണ്ടി അപ്പൊ അന്നേ ഇതൊക്കെ നമ്മള് അന്വേഷിക്കുകയും ഇതിന്റെ പിറകില് അധ്വാനിക്കുകയും ചെയ്തുകൊണ്ട് നടക്കുന്ന കാലമാണ് അന്വേഷിക്കാൻ മാത്രമനായി പുള്ളി പറഞ്ഞാണ് ശരിയെന്തോണ്ട് അതിന് സയന്റിഫിക് എവിഡൻസ് ഉണ്ട് ആ പറയുന്നതിന് ഇപ്പൊ ഞാൻ ഒരുപാട് നൂറോ സയന്റിസ്റ്റുകളുടെ പഠനങ്ങളും അതും വായിക്കാൻ ഇപ്പോഴല്ലേ നമുക്ക് അവസരം ഉണ്ടായിരുന്നു യാള് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഞാൻ സാറിങ്ങനെ ഓരോരുത്തരും പരിശോധിച്ചപ്പോ നോർമൽ ഗുരു എന്ന് പറയാൻ നാരായണ ഗുരുവാണ് ഈ നാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരെ പോലും നോർമൽ ഇല്ല പ്രത്യേക എടുത്ത് പറയും അതാണ് എന്റെ പ്രത്യേകത ഇതൊക്കെ നിങ്ങളുടെ റെക്കോർഡ് ചെയ്യണെന്താകും തോന്നി ഓം നമു